അധ്യായം തൊണ്ണൂറ്റി അഞ്ച് മക്കയിൽ അവതരിച്ചത് എന്നാൽ എന്നാണ് അർത്ഥം ഒന്നാം സൂക്തത്തിൽ അത്തിപ്പഴത്തിന്റെ പേരിൽ സത്യം ചെയ്തിട്ടുള്ളതാണ് ഈ പേരിന് നിദാനം അത്തിയും ഒലീവും സീനാപർവ്വതവും നിർഭയത്വമുള്ള ഈ രാജ്യവും തന്നെയാണ് സത്യം തീർച്ചയായും മനുഷ്യനെ നാം ഏറ്റവും നല്ല ഘടനയോടുകൂടി സൃഷ്ടിച്ചിരിക്കുന്നു പിന്നീട് അവനെ നാം തീർത്തു വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ എന്നാൽ മുറിഞ്ഞു പോകാത്ത പ്രതിഫലമുണ്ടായിരിക്കും എന്നിരിക്കെ ഇതിനുശേഷം പരലോകത്തെ പ്രതിഫല നടപടിയുടെ കാര്യത്തിൽ നബിയെ നിന്നെ നിഷേധിച്ചു തള്ളാൻ എന്തു ന്യായമാണുള്ളത് അള്ളാഹു വിധികർത്താക്കളിൽ വെച്ച് ഏറ്റവും വലിയ വിധികർത്താവല്ലയോ